നിങ്ങൾ അവയുടെ പുറത്തിരിക്കാനും അതിലിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സ്മരിക്കാനും ഇതിനെ നമുക്ക് കീഴ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ നമുക്കിതിനെ കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നില്ല എന്ന് പറയുന്നതിനു വേണ്ടിയാണത്